അധ്യായം നാൽപ്പത്തി മൂന്ന് ഇരമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ ഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ ഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോസയ്യാവിൻ്റെ മകനായ അസ്സരിയാവും കാരേഹിന്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഇരമ്യാവോട് നിഭോഷ്കു പറയുന്നു മിശ്രൈമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ ഹോവ നിന്നെ അയച്ചിട്ടില്ല കൽതേർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിന്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്നു പറഞ്ഞു അങ്ങനെ കാര്യഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണം എന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല സകല ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദാദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദാശിഷ്ടത്തെയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബുസറദാൻ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും ഇരമ്യാ പ്രവാചകനെയും നേര്യാവിന്റെ മകനായ ബാരൂഖിനെയും കാരേഹിന്റെ മകനായ യോഹാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിസ്രയും ദേശത്ത് ചെന്ന് തഹ് പനേസുവരെ എത്തി തഹ് വെച്ച് ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണുകനേസിൽ ഫറവന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ എന്റെ ദാസനായ നെബൂഗതനേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വെക്കും അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്ന് മിസ്രൈം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഞാൻ മിസ്രൈമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീവും അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും ഒരിടയൻ തന്റെ പുതപ്പ് പുതയ്ക്കുന്നത് അവൻ മിസ്രൈം ദേശത്തെ പുതക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു ചെയ്യും അവൻ മിസ്രൈം ദേശത്ത് ബെസ്സമേസിലെ വിഗ്രഹങ്ങളെ തകർത്ത് മിശ്രൈമ്യ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീവച്ച് ചുട്ടുകളയും